ം നാൽപ്പത്തിനാല് മിസ്രൈം ദേശത്ത് മിക്ദോലിലും തഹ്ബനേസിലും നോഫിലും പത്രോസ് ദേശത്തും പാർക്കുന്ന സകല യഹൂദന്മാരെയും കുറിച്ച് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ എരുഷലേമിന്മേലും സകല യഹൂദ പട്ടണങ്ങളിൽമേലും വരുത്തിയിരിക്കുന്ന അനർത്ഥമൊക്കെയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവ ശൂന്യമായിരിക്കുന്നു ആരുമവയിൽ വസിക്കുന്നതുമില്ല അത് അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാത്ത അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനും അവയെ സേവിപ്പാനും ചെന്ന് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം അവർ ചെയ്ത ദോഷം നിമിത്തം ഞാൻ ഇടപെടാതെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാരെയൊക്കെയും നിങ്ങളുടെ അടുക്കൽ അയച്ചു ഞാൻ വെറുക്കുന്ന ഈ മ്ളച്ച കാര്യം നിങ്ങൾ ചെയ്യരുതെന്ന് പറയിച്ചു എന്നാൽ അവർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടാതെ അവ ഇന്ന് ശൂന്യവും നാശവുമായി കിടക്കുന്നു ആകയാൽ ഇസ്രയേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങൾക്ക് ശേഷിപ്പായി ആരുമില്ലാതാകും വണ്ണം യഹൂദയുടെ മധ്യ നിന്ന് പുരുഷനെയും സ്ത്രീയേയും പൈതലിനെയും മുല കുടിക്കുന്ന കളയേണ്ടതിനും നിങ്ങൾ വന്നു പാർക്കുന്ന മിസ്രൈൻ ദേശത്തുവെച്ച് അന്യ അന്യദേവന്മാർക്ക് ധൂപം കാണിച്ച് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുന്നതിനാൽ നിങ്ങളെ തന്നെ ഛേദിച്ചു കളഞ്ഞിട്ട് സകല ഭൂജാതികളുടെയും ഇടയിൽ നിങ്ങൾ ശാപവും നിന്നയുമായി തീരേണ്ടതിനും നിങ്ങളുടെ പ്രാണഹാനിക്കായി ഈ മഹാദോഷം ചെയ്യുന്നതെന്ത് യഹൂദദേശത്തും എരുശിലമിന്റെ വീഥികളിലും നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ദോഷങ്ങളും യഹൂദാ രാജാക്കന്മാർ ചെയ്ത ദോഷങ്ങളും അവരുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ ചെയ്ത ദോഷങ്ങളും നിങ്ങളുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ മറന്നുപോയോ അവർ ഇന്നുവരെയും തങ്ങളെ തന്നെ താഴ്ത്തിയില്ല അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ പിതാക്കന്മാരുടെ മുമ്പിലും വെച്ച ന്യായ പ്രമാണവും ചട്ടങ്ങളും അനുസരിച്ച് നടക്കുകയോ ചെയ്തതുമില്ല അതുകൊണ്ട് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ അഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ അനർത്ഥത്തിനായിട്ട് യഹൂദയെ മുഴുവനും ഛേദിച്ചു കളവാനായിട്ട് തന്നെ എന്റെ മുഖം നിങ്ങൾക്കെതിരായി വയ്ക്കുന്നു മിസ്രൈം ദേശത്ത് ചെന്നുപാർപ്പാൻ അവിടെ പോകേണ്ടതിന് മുഖം തിരിച്ചിരിക്കുന്ന യഹൂദാ ശിഷ്ടത്തെ ഞാൻ പിടിക്കും അവരെല്ലാവരും മുടിഞ്ഞു പോകും മിസ്രൈം ദേശത്ത് അവർ വീഴും വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും അവർ മുടിഞ്ഞു പോകും അവർ ആബാലവൃദ്ധം വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും മരിക്കും അവർ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്നയ്ക്കും വിഷയമായി തീരും ഞാൻ എരിശലേമിനെ സന്ദർശിച്ചതുപോലെ മിസ്രൈൻ ദേശത്ത് പാർക്കുന്നവരെയും വാൾകൊണ്ടും കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും മിസ്രൈൻ ദേശത്ത് വന്നു പാർക്കുന്ന യഹൂദാശിഷ്ടത്തിൽ ആരും അവർക്ക് മടങ്ങിച്ചെന്ന് പർപ്പാൻ ആഗ്രഹമുള്ള യഹൂദദേശത്തേക്ക് മടങ്ങിപ്പോവാൻ തക്കവണ്ണം ചാടിപ്പോകയില്ല ശേഷിക്കുകയുമില്ല വഴുതിപ്പോകുന്ന ചിലരല്ലാതെ ആരും മടങ്ങിപ്പോകയില്ല അതിന് തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് തൂപം കാട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ സകല പുരുഷന്മാരും മഹാസംഘമായി അരികെ നിന്ന സകല സ്ത്രീകളും മിശ്രൈം ദേശത്ത് ത്രോസിൽ പാർത്ത സകല ജനവും ഇരമ്യാവോട് ഉത്തരം പറഞ്ഞത് നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയ ബലി പകരുകയും ചെയ്യും എന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ചയൊക്കെയും ഞങ്ങൾ നിവർത്തിക്കും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹൂദ പഠനങ്ങളിലും എരിശലേം വീഥികളിലും ചെയ്തതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു ഒരനർത്ഥവും നേരിട്ടിരുന്നില്ല എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയബലി പകരുന്നതും നിർത്തിയതുമുതൽ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ ഞങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും പാനീയബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അടയുണ്ടാക്കുന്നതും അവൾക്ക് പാനീയബലി പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ അപ്പോൾ ഇരമ്യാവ് സകലജനത്തോടും പുരുഷന്മാരും സ്ത്രീകളുമായി തന്നോടുത്തരം പറഞ്ഞ സകല ജനത്തോടും തന്നെ പറഞ്ഞതെന്തെന്നാൽ യഹൂദ പട്ടണങ്ങളിലും എരുസിലമിന്റെ വീഥികളിലും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തുള്ള ജനവും ധൂപം കാട്ടിയത് യഹോവ ഓർത്തില്ലയോ അവന്റെ മനസ്സിൽ അത് വന്നില്ലയോ നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തവും നിങ്ങൾ പ്രവർത്തിച്ച മ്ളേച്ഛത നിമിത്തവും യഹോവയ്ക്ക് സഹിപ്പാൻ വഹിയാതെയായി അതുകൊണ്ട് നിങ്ങളുടെ ദേശം ഇന്ന് നിവാസികളില്ലാതെ ശൂന്യവും സ്തംഭനഹേതുവും ശാപ വിഷയവും ആയിത്തീർന്നിരിക്കുന്നു നിങ്ങൾ യഹോവയുടെ വാക്ക് അനുസരിക്കാതെയും അവന്റെ ന്യായ പ്രമാണവും ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചു നടക്കാതെയും ധൂപം കാട്ടി യഹോവയോട് പാപം ചെയ്യുക കൊണ്ട് ഈ അനർത്ഥം നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു പിന്നെയും എരമ്യാവ് സകല ജനത്തോടും സകല സ്ത്രീകളോടും പറഞ്ഞത് മിശ്രയും ദേശത്തിരിക്കുന്ന യഹൂദന്മാരായ നിങ്ങളെല്ലാവരും യഹോവയുടെ വചനം കേൾപ്പീൻ ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുവാനും പാനീയബലി പകരുവാനും നേർന്നിരിക്കുന്ന നേർച്ചകളെ ഞങ്ങൾ നിവർത്തിക്കുമെന്ന് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും വായ് കൊണ്ട് പറയുകയും കൈകൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ നേർച്ചകളെ ഉറപ്പാക്കിക്കൊള്ളീൻ നിങ്ങളുടെ നേർച്ചകളെ അനുഷ്ഠിച്ചുകൊൾവീൻ അതുകൊണ്ട് മിശ്രയും ദേശത്ത് പാർക്കുന്ന സകല യഹൂദന്മാരുമായുള്ളവരെ യഹോവയുടെ വചനം കേൾപ്പീൻ മിശ്രയും ദേശത്തെയും ഒരു യഹൂദനും വായെടുത്തു യഹോവയായ കർത്താവാണ് എന്നിങ്ങനെ എന്റെ നാമം ഇനി ഉച്ചരിക്കയില്ല എന്ന് ഞാൻ എന്റെ മഹത്തായ നാമം ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു ഞാൻ അവരുടെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടത്രെ ജാഗരിച്ചിരിക്കും മിശ്രം ദേശത്തിലെ എല്ലാ യഹൂദന്മാരും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും നശിച്ച് മുടിഞ്ഞു എന്നാൽ വാളിന് തെറ്റിയൊഴിയുന്ന ഏതാനും പേർ മിസ്രൈൻ ദേശത്തുനിന്ന് യഹൂദാദേശത്തേക്ക് മടങ്ങി വരും മിസ്രൈം ദേശത്ത് വന്നു പാർക്കുന്ന ശേഷം യഹൂദന്മാരൊക്കെയും എന്റെ വചനമോ അവരുടേതോ ഏത് നിവർത്തിയായി എന്നറിയും എന്റെ വചനം നിങ്ങളുടെ പിന്മയ്ക്കായിട്ട് നിവർത്തിയായി വരുമെന്ന് നിങ്ങളറിയേണ്ടതിന് ഞാൻ ഈ സ്ഥലത്തു വെച്ച് നിങ്ങളെ സന്ദർശിക്കും എന്നത് നിങ്ങൾക്ക് ഒരു അടയാളമാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ യഹൂദരാജാവായ സിദക്കിയാവെ അവന്റെ ശത്രുവും അവന് പ്രാണാനി വരുത്തുവാൻ നോക്കിയവനുമായ നെബുഗദനേസർ എന്ന ബാബെൽ രാജാവിന്റെ കൈയിൽ ഏൽപ്പിച്ചതുപോലെ ഞാൻ മിശ്രയും രാജാവായ ഫറവോൻ ഓഫ്രയെയും അവന്റെ ശത്രുക്കളുടെ കൈയിലും അവന് പ്രാണഹാനി വരുത്താൻ നോക്കുന്നവരുടെ കൈയിലും ഏൽപ്പിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു